മത്തായി എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാരോ വളരെ പുരുഷാരോ അവനെ പിന്തുടരുന്നു അപ്പോഴൊരു കുഷ്ഠരോഗി വന്നു അവനെ നമസ്കരിച്ച് കർത്താവേ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു അവൻ കൈനീട്ടി അവനെ തൊട്ട് എനിക്ക് മനസ്സുണ്ടെങ്കിൽ നിശുദ്ധമാകാം എന്ന് പറഞ്ഞു ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി യേശു അവനോട് നോക്ക് ആരോടും പറയരുത് അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്നു നിന്നെത്തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്കാ പറഞ്ഞു അവൻ ഖവർന്ന ഭൂമിലെത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്നു അവനോട് കർത്താവേ എന്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നുവെന്ന് അപേക്ഷിച്ച് പറഞ്ഞു അവൻ അവനോട് ഞാൻ വന്നു അവനെ സൌഖ്യമാക്കൂ പറഞ്ഞു അതിന് ശതാധിപൻ കർത്താവേ നീ എന്റെ പുരയ്ക്കകത്തു വരുവാൻ ഞാൻ യോഗ്യനല്ല ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരനും സൌഖ്യം വരും ഞാനും അധികാരത്തിനും കീഴുള്ള മനുഷ്യനാകുന്നു എന്റെ കീഴിൽ പടയാളികളുണ്ട് ഞാൻ ഒരുവനോട് പോകാ എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു മറ്റൊരുത്തിനോട് വരികയെന്ന് പറഞ്ഞാൽ വരുന്നു എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്നുരം പറഞ്ഞു അത് കേട്ടിട്ട് യേശു അതിശയിച്ചു പിൻചെല്ലുന്നവരോട് പറഞ്ഞത് ഇസ്രയേലിൽ കൂടി വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു കിഴക്കു നിന്നും പടിഞ്ഞാറിൽ നിന്നും അനേകർ വന്നു അബ്രഹാമിനോടും ഇസ്ഹാഖിനോടും യാക്കോബിനോടും കൂടെ സ്വർഗ്ഗരാജ്യത്തിൽ പന്തിക്കിരിക്കും രാജത്തിരിന്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പിന്നെ യേശു ശതാബ്ദിനോട് പോകാ നീ വിശ്വസിച്ചതുപോലെ നിനക്ക് എന്ന് പറഞ്ഞു ആ നാഴികൾ തന്നെ അവന്റെ ബാല്യക്കാരൻ സൌഖ്യം വന്നു യേശു പത്രവസിന്റെ വീട്ടിൽ വന്നാറേ അവന്റെ അമ്മാവിയമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ട് അവൻ അവരുടെ കൈ തൊട്ടു പനി അവളെ വിട്ടു അവൾ എഴുന്നേറ്റു അവർക്ക് ശുശ്രൂഷ ചെയ്തു വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൾ കൊണ്ടുവന്നു അവൻ വാക്കുണ്ട ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൌഖ്യം വരുത്തി അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു വ്യാധികളെ ചുമന്നു എന്ന് യേശയ്യ പ്രവാചകൻ പറഞ്ഞു നിവൃത്തിയാകുവാൻ തന്നെ എന്നാൽ യേശു തന്റെ ചുറ്റും വളരെ പുരുഷാരത്തെ കണ്ടാറെ അക്കരയ്ക്ക് പോകാൻ കൽപ്പിച്ചു അന്ന് ഒരു ശാസ്തി അവന്റെ അടുക്കിൽ വന്നു ഗുരു നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു യേശു അവരോട് കുറിനരുകൾക്ക് കുഴികളും ആകാശത്തിലെ പറവുകൾക്ക് കൂടുകൊണ്ട് മനുഷ്യപുത്രനോ തല ചായ്പാൻ ഇടമില്ലായെന്ന് പറഞ്ഞു ശിഷ്യന്മാരിൽ വേറൊരുത്തനവനോട് കർത്താവെ ഞാൻ മുമ്പേ പോയി എന്റെ അപ്പനെ അടക്കം ചെയ്യുവാൻ അനുവാദം പറഞ്ഞു യേശു അവനോട് നീ എന്റെ പിന്നാലെ വരിക മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ എന്ന് പറഞ്ഞു അവൻ ഒരു പടകിൽ കയറിയപ്പോൾ അവന്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു പിന്നെ കടലിൽ വലിയ ഓളമുണ്ടായിട്ട് പടകു തിരകളാൽ മുങ്ങുമാറായി അവനോ ഉറങ്ങുകയായിരുന്നു അവർ അടുത്തിയെന്ന് കർത്താവെ രക്ഷിക്കണമേ ഞങ്ങൾ നശിച്ചുപോകുന്നു എന്ന് പറഞ്ഞു അവനെ ഉണർത്തി അവൻ അവരോട് അല്പവിശ്വാസികളെ നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി എന്നാറെ ആ മനുഷ്യർ അതിശയിച്ചു ഇവൻ എങ്ങനെയുള്ളവൻ കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അവൻ അക്കരെ ഗദരേനുടേശത്ത് എത്തിയാറെ രണ്ട് ഭൂതഗ്രസ്തർ ശവക്കല്ലറുകളിൽ നിന്ന് പുറപ്പെട്ടു അവനെ എതിരേറ്റുവന്നു അവർ അത്യുഗ്രന്മാർ ആയിരുന്നുകൊണ്ട് ആർക്കും ആ വഴി നടന്നുകൂടാഞ്ഞു അവർ നിലവിളിച്ചു ദൈവപുത്ര ഞങ്ങൾക്കും നിനക്കും തമ്മിലണ്ട് സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ണിപ്പിക്കാൻ ഇവിടെ വന്നുപോയെന്ന് പറഞ്ഞു അവർക്കകലെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു ഭൂതങ്ങൾ അവനോട് ഞങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കേണ്ടതെന്നും അപേക്ഷിച്ചു പൊയ്ക്കൊള്ളീൻ എന്നും അവൻ അവരോട് പറഞ്ഞു അവർ പുറപ്പെട്ട് പന്നികളിലേക്ക് ചെന്നു ആ കൂട്ടമെല്ലാം കടും കടലിലേക്ക് പാഞ്ഞു വെള്ളത്തിൽ മുങ്ങിച്ചത്തു മേയിക്കുന്നവർ ഓടി പട്ടണത്തിൽ ചെന്ന് സകലവും ഭൂതഗ്രസ്തരുടെ വസ്തുതയും അറിയിച്ചു ഉടനെ പട്ടണമെല്ലാം പുറപ്പെട്ടു വന്ന് യേശുവിനി എതിരെ ചെന്നു അവനെ കണ്ടാറ് തങ്ങളുടെ അതിർ വിട്ടു പോകണമെന്നും